ഓ മനുഷ്യരേ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് സത്യവുമായി ദൂതൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങൾക്കുത്തമമായിരിക്കും നിങ്ങൾ സത്യനിഷേധം കാണിച്ചാൽ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുസുബാനഹൂവറ്റ് ആലായുടേതാണ് അള്ളാഹുസുബഹാനഹൂവറ്റ് ആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്